അവരുടെ മുൻപിൽ നിന്നും പിന്നിൽ നിന്നും ദൂതന്മാർ വന്ന് വാഹുസുഹ്യാനഹുവായാലായ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവുദ്ദേശിച്ചിരുന്നെങ്കിൽ മലക്കുകളെ ഇറക്കുമായിരുന്നു അതിനാൽ നിങ്ങൾ കൊണ്ടുവന്ന കാര്യത്തെ ഞങ്ങൾ നിഷേധിക്കുന്നു